ഇത് സത്യമാണെന്ന് അവർക്ക് ബോധ്യമാകുന്നതുവരെ ചക്രവാളങ്ങളിലും അവരുടെ സ്വന്തം ശരീരങ്ങളിലും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം അവർക്ക് കാണിച്ചു കൊടുക്കും നിന്റെ രക്ഷിതാവ് എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാണെന്നത് മതിയായതല്ലേ